രസായനേനിയലിംഗനേനവാക്യ സമയ അന്തരയാണ് അന്തർ മന ശ്രമേണുഖം അവാോമെ തധായ്മലിംഗനുഖം ആ എപ്രകാരമോ യഥാ അന്തർമ്മ മനസ് ശമേനസുഖമാക്കുന്നത് കൊണ്ട് ശാന്തി കൊണ്ട് സുഖത്തെ പ്രാപിക്കുന്നത് ശാന്തി കൊണ്ടാണ് മനസ്സ് ഏറ്റവും കൂടുതൽ നേടുന്നത് ശാന്തിയാണ് സുഖം മറിച്ച് തഥാ രസായനപാന അമൃതപാലം ചെയ്താലോ ലക്ഷ്മി ഐശ്വര്യം സമ്പത്ത് ഇതെല്ലാം കൂടിയതുകൊണ്ടോ ഒന്നും ഒരാൾക്ക് ശാന്തിയിലൂടെ കിട്ടുന്ന സുഖം ആ ഘട്ടത്തിലാണ് ഈ പറയുന്ന എല്ലാം ഉണ്ടെങ്കിൽ അന്ത അന്തർമന ഉള്ളിൽ ശാന്തി ഉണ്ടെങ്കിൽ മാത്രമല്ല ഒരാൾക്ക് ശരിയായ സുഖം അനുഭവിക്കാൻ കഴിയും സായലിംഗനേന തധാ സവാക്ോതിർവ്യധിചരിതം നിഷ്ണരത്രയ മനഃ സമാശേ സമാശ്വാസേവ സർവധി വ്യാധിജം തൃഷാവരത്രയാം മനഃ സമാ അമൃത ആസേ സമാശ്വാസയേലവ മനസ്സിനെ കുറിച്ച് പറയുകയാണ് സർവ ആധിവ്യാധി ചരിതം എല്ലാ ആദികളും പലതരത്തിലുള്ള ആദികൾ ആധ്യാത്മികവുമായി ഭൗതികവുമായി ദൈവികം തുടങ്ങിയ ആദികൾ പിന്നെ വ്യാധി പലതരത്തിലുള്ള രോഗങ്ങൾ ഇതെല്ലാം കൊണ്ട് ചരിത്രം പോലാണ് വളരെ അസ്വസ്ഥമായിരിക്കുന്ന ആ മനസ്സ് അതുപോലെ തന്നെ കൃഷ്ണ വരത്രയ പ്രാപിക്കുന്നു വരത്ര എന്ന് പറഞ്ഞാൽ ആനയെ ബന്ധിക്കാൻ ഉപയോഗിക്കുന്ന വടം ആന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന അതാണ് വരത്ര വരത്രയ ആ വടം കൊണ്ട് എങ്ങനെയാണ് വടം കൃഷ്ണ വരത്ര കൃഷ്ണയാകുന്ന വളരെ ബലമുള്ള വടം കൊണ്ട് ാന്തം മനഃ അതുകൊണ്ട് ബന്ധിച്ച് വലിച്ചിഴയ്ക്കപ്പെട്ടതായ മനസ്സ് അപ്പോൾ മനസ്സെന്ന് പറയുന്നത് തൃഷ്ണ കൊണ്ട് മനസ്സ് തൃഷ്ണയ്ക്ക് പിറകെ പോകുന്ന തൃഷ്ണ ദുരാഗ്രഹം ഉത്കടമായ രാക ആ രാഗം കൊണ്ട് ബന്ധിക്കപ്പെട്ടതായ മനസ്സ് പിന്നെ അതോടൊപ്പം തന്നെ എല്ലാ ദുഃഖങ്ങളും എല്ലാ തരത്തിലുള്ള രോഗങ്ങളും എല്ലാം കൊണ്ട് പീഡിതമായ മനസ്സ് അങ്ങനെയുള്ള മനസ്സിലും പറയുന്നു പൊതുവേ മനുഷ്യന്റെ മനസ്സങ്ങനെയാണ് അങ്ങനെയുള്ള മനസ്സിന് ശമ നമ്മുടെ ശാന്തിയാകുന്ന അമൃത സേചനം കൊണ്ട് ആ ശാന്തിയെ ആ മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് സമാശ്വാസയാ മനസ്സിനെ ആശ്വസിപ്പിക്കും അപ്പൊ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതിനുള്ള ഉപായം മനസ്സ് എത്രമാത്രം കഷ്ടത്തിലാണെങ്കിൽ രോഗം കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും എല്ലാം അത് കഷ്ടത്തിലാണെങ്കിലും രാഗം കൊണ്ട് മനസ്സ് വലയുകയാണ് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ശാന്തിയാണ് അങ്ങനെയുള്ള ശാന്തി കൊണ്ട് മനസ്സിനെ സമാശ്വസിപ്പിക്കും ശാന്തമാക്കും ശാന്തി കൊണ്ട് മനസ്സിനെ ശാന്തമാക്കും എന്നാണ് പറയുന്നത് യോഷി യശ്ന ശമശീതളയാക്കിയ തത്ര അതിസുതദേ സാധൂ നേതരത്താക മനസ്സേ താത പ്രിയപ്പെട്ടവനെ സംഭവിച്ചു തനസേ യത്കോഷി യശന സമശീതലയാ തനസേ സ്വാദ് അധിസ്വത്തെ നര അധിസ്വത്തെ ോഷി എന്താണോ പ്രവർത്തിക്കുന്നത് അശ്വനാദി എന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് കേവലം ഭക്ഷണം മാത്രം അശ്വനേന്ദ്രിയത്തെ കാണിക്കാനാണ് പഞ്ചേന്ദ്രിയൊന്നായ ഭക്ഷണത്തെ കുറിച്ചുള്ള എന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്തൊക്കെ ഭക്ഷിക്കുന്നു എങ്ങനെ സമശീതളയാധിയ ശാന്തി കൊണ്ട് സന്തുഷ്ടമായ ബുദ്ധി കൊണ്ട് മനസ്സുകൊണ്ട് എന്തൊക്കെയാണോ അതാണ് സമശീതളയാധിയ കരോഷിയുടെ സിനാസ് സമം കൊണ്ട് സന്തുഷ്ടമായ മനസ്സുകൊണ്ട് എന്തെല്ലാം പ്രവൃത്തി ചെയ്യുന്നു എന്തെല്ലാം വിഷയങ്ങളെ അനുഭവിക്കുന്നു അതല്ല അത്ര മാനസ്സിൽ ആ മനസ്സിൽ സ്വാഗ അതിസ്വസ സ്വാദിഷ്ടമായി വളരെയധികം അസ്വാദ്യമായി നായിട്ട് മറ്റ് വിഷയാനുഭവങ്ങളൊന്നും സമശീതളമായ ബുദ്ധിയുണ്ടല്ല ഉള്ള മറ്റു വിഷയാനുഭവങ്ങൾ തത്ര മനസ്സിൽ ആ മനസ്സിൽ നസ്വാദം അത് ആസ്വാദ്യമാകില്ല താത സമശീതളയാ യോഷി യശ്നാദി തത്ര മാനസേ അതിസ്വതത്തെ ഇതര സ്വാഭമായ മനസ്സുകൊണ്ട് എന്തൊക്കെ പ്രവർത്തിച്ചാലും എന്തൊക്കെ അനുഭവിച്ചാലും ആ മനസ്സിലതെല്ലാം അസ്വാധ്യമായിരിക്കും മറിച്ചാണെങ്കിലും അശാന്തമായ മനസ്സുകളാണ് ഇതരത്തൊന്ന് അശാന്തമായ മനസ്സിലും എത്ര നല്ലത് അനുഭവിച്ചാലും ശരി അത് അസ്വാധ്യമാകത്തില്ല അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സമ അമൃത രസാഛിന്നം മനോയാമേജി നിർവതി ഛി തയേ രാമൃതരസാച്ഛം മനഃ യാ പേരാഭവരാഭ സമ അമൃതരസ അച്ഛന്നം ശാന്തിയാകുന്ന അമൃതരസം കൊണ്ട് അച്ഛന്നമ മുഴുകിയതായ മനോഹനസ് യാർവൃത്തി ഏരി യാതൊരു ആനന്ദത്തെയാണോ പ്രാപിക്കുന്നത് ഏതി തയാ ആനന്ദം കൊണ്ട് ശാന്തിയിലൂടെ നേടുന്ന ആനന്ദം കൊണ്ട് തയാ ചിന്നായും അങ്കായും ഒക്കെ മുറിഞ്ഞുപോയ ശരീര അവയവങ്ങളും രോഗത്തി വീണ്ടും കിളിർത്തുവരും എന്ന് അഹമ്മി ഞാൻ കരുതുന്നു ഇത്രമാത്രം ം ഉള്ളിലുണ്ടെങ്കിൽ ശാന്തിയിലൂടെ ആനന്ദത്തെ നിർവൃതിയെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങൾ മുറിഞ്ഞു പോയാലും അത് വീണ്ടും കിളർത്തുവരും എന്ന് ഞാൻ കരുതുന്നു എന്ന് ഒരു അർത്ഥവാദപരമാണ് സ്തുതിപരമായി പറയുന്നത് ആനന്ദത്തിൻ്റെ മഹത്വത്തെ അവിടെയൊക്കെയാണ് മനുഷ്യൻ്റെ ശരീരത്തിലെ അംഗങ്ങൾ അയ്യോ കാലോ ഒക്കെ മുറിഞ്ഞു പോയാൽ അതൊരിക്കലും പിളർത്തു വരുന്നത് നമ്മുടെ ബയോളജി ഞാൻ അനുകൂലിക്കുന്നില്ല പല്ലിയാണെങ്കിലും പല്ലിയുടെ വാരം മുറിച്ചു കളഞ്ഞു അത് പിളർത്തു വരുന്നു ഈ പറയുന്നൊന്നും അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ അതിശോക്സിപരമായ ചില കഥകളൊക്കെ ചില സിദ്ധന്മാരുടെ ഏതൊക്കെ കൊണ്ട് പിടിപ്പും ഒരു സിദ്ധന്റെ കൈമുറിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പുലർത്തും അതൊക്കെ ഈ വാശിഷ്ഠം പോലെയുള്ള ഇതിൻ്റെ ഈ അർത്ഥവാദ കഥകൾ കേട്ടിട്ട് ആൾക്കാർ നിർമ്മിച്ചെടുക്കുന്ന കൂട്ടിച്ചേർക്കുന്ന കഥകൾ മനുഷ്യ ശരീരത്തിന് ശേഷി പല്ലിക്ക് അതിനുള്ള ശേഷിയാണ് അത് ഒരു ശേഷിയാണ് നമുക്കങ്ങനെ ശേഷിയില്ല റീഗ്രോത്ത് വീണ്ടും വളർത്തിയെടുക്കാം അതിന് നമ്മളെ സെല് എടുക്കാനുള്ള ശേഷി സ്റ്റാർഫിഷ് സാധനമുണ്ട് അതിന്റെ കൈയ്യൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ വളർന്നു പല ജീവികളും അങ്ങനെയാണ് രണ്ടായി മുറിച്ചാൽ വീണ്ടും ജീവിക്കുന്ന പ്രാണികളൊക്കെയാണ് പക്ഷെ മനുഷ്യന് മാത്രം അത് കഴിയും പിന്നെ സ്തുതിപരമായി പറയുമ്പോൾ പറയാമല്ല പക്ഷെ ശാസ്ത്രജ്ഞന്മാരും പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ മൃഗങ്ങളെ കാരണം പല്ലിയില് പാല് പുളർത്ത് വരാമെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യന്റെ അവയവങ്ങൾ വന്നുകൂടെ പക്ഷെ അത് വിജയിച്ചിട്ടില്ല ചെറിയ സെല്ലുകളിൽ ഗ്രോത്തൊക്കെ കണ്ടിട്ടുണ്ട് മൃഗങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കൈ മുറിഞ്ഞു വീണ്ടും പഴയതുപോലെ കയ്യെ വളർത്തിയെടുക്കുക കാലം മുറിഞ്ഞു പോയാൽ കാലം വളർത്തിയെടുക്കുക അത് ഇന്നും ഒരു സ്വപ്നം മാത്രമാണ് പക്ഷെ ഭാവിയിൽ സയൻസ് അത് യാഥാർത്ഥ്യമാക്കുന്നവരെ അങ്ങോട്ടും ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിലും കയ്യോഗം മുറിഞ്ഞു പോയാൽ വിഷമിക്കേണ്ട കാര്യങ്ങളില്ല അതിന് നമ്മുടെ ശരീരത്തിലുള്ള സ്റ്റെം സെല്ലുകൾ ഉപയോഗിച്ച് അതിനെ വളർത്തിയെടുക്കാം ഇത് നല്ല സൗഭാഗ്യമായിരുന്നു മനുഷ്യൻ കുറച്ച് സമയമെടുത്താലും കുഴപ്പം പിന്നെ വികല അംഗന്മാരൊന്നും ഈ ലോകത്ത് കാണത്തില്ല ഏതെങ്കിലും അംഗത്തിന് എന്തെങ്കിലും കേടുപാടും സംഭവിച്ചാലും അവനെ മുറിച്ച് കളഞ്ഞിട്ട് പുതിയത് വളർത്തിയെടുത്താൽ ലോകം തന്നെ മാറിപ്പോ പക്ഷെ മനുഷ്യൻ അങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതകൾ എന്ന് പറയുന്നത് എന്താണ് ഒരു സ്വപ്നങ്ങൾ ഭാവിയിലൊരു യാഥാർത്ഥ്യമായി മാറി പഴയകാലത്തും ഇങ്ങനെയുള്ള കവികൾക്കൊക്കെ സ്വപ്നം ഉണ്ടായിരുന്നു ഈ ശരീരങ്ങളൊക്കെ മറിഞ്ഞു പോയാൽ വീണ്ടും കിടത്ത് വന്നാൽ ദിവസമായി ആ അതെ കാലില്ലാത്ത കാലം അതുകൊണ്ട് വായു ഭഗവാൻ നിശ്ചലനായാലും സംഭവിച്ചു അതൊക്കെ കൊഞ്ചൊന്നും പേരെ എഴുതിയിട്ടുണ്ട് ഇന്ന് ഒരുപാട് പരീക്ഷകൾ നടത്തി നമ്മളൊരു ഗെയിംസിൽ പോയപ്പോ ഒരാൾ കണ്ടല്ലോ അയാൾ മരിച്ചുപോയി അറിഞ്ഞോ അയാൾക്ക് ഒരു മൈൻ അപകടത്തിൽപ്പെട്ടിട്ട് അയാളുടെ കൈ മുറിഞ്ഞുപോയി ഗെയിംസിൽ നിന്ന് അവിടെയുള്ള നല്ല മൃതുക്കന്മാരായ ഡോക്ടർമാര് അതിനെ കുത്തി ചേർത്തി ഞങ്ങളയാളെ കൈയൊക്കെ പിടിച്ചു പോകും അപ്പൊ അയാളെ കയ്യിൽ അയാൾ മൊബൈൽ വെച്ച് ചെറിയ പണികളൊക്കെ ചെയ്യുന്നു ശരിയായപ്പോ അയാൾ എൻ്റെ ഇത് വീണ്ടും തിരിച്ചയാളുടെ രാജ്യത്ത് പോയിട്ട് വീണ്ടും അയാൾ ആവശ്യമില്ലാത്ത പണിക്ക് പോയി വീണ്ടും മൈനിൽപ്പെട്ട് അയാൾക്കാത്ത പോയി മൈൻ സ്ഫോടനത്തിന വീണ്ടും വരി യുദ്ധമുഖത്താണ് അയാൾക്ക് കുഴപ്പം പറ്റിയത് കൈ ശരിയാ വരുമ്പോ വീണ്ടും അത് വീണ്ടും അതിനായ ഓരോരുത്തരുടെ കുത്തി അതോട് ആഴത്ത് കിടന്നു എത്ര പണം ചിലവാക്കി അതോട് പൈസ ചിലവണോ എത്രയോ കാലത്തെ ട്രീറ്റ്മെന്റ് മനുഷ്യന്റെ ശരീരത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ പരീക്ഷണം നടത്തുന്നുള്ളൂ കൈകൊക്കെ ഗെയിംസിന് വേറെ ഒരു എം ബി ബി എസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കയ്യുന്നത് പോലും മാറ്റിവെച്ച് അത് സക്സസ് ആയി അതൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇത് നമ്മുടെ ശരീരത്തിൽ പറ്റാത്തതിന് കാരണം പറയുന്നത് നമ്മുടെ ശരീരത്തിനൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ശ്രമിക്കുന്നത് എത്രയും പെട്ടെന്ന് അതിന് ഫീല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആ മുറി എന്ന ഭാഗത്ത് ഒരു തഴമ്പ് ഉണ്ടാക്കും അതൊരു കോൺക്രീറ്റ് ഇടുമ്പോഴാണ് അവിടെ ഒരു കോൺക്രീറ്റ് ഇട്ടുകഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകത്തില്ല അതിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ സപ്പോർട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ബോഡി അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കും കാരണം നമ്മുടെ ശരീരത്തിൽ മനുഷ്യർ ശരീരത്തിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത പല്ലി അപേക്ഷിച്ച് കൂടുതലാണ് പല്ലിയുടെ ഇത് മുറിഞ്ഞു പോയാലും അവിടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പോലെ തഴമ്പ് ഉണ്ടാകത്തില്ല തഴമ്പുണ്ടായി പിന്നെ വളർത്തിയെടുക്കാൻ പറ്റത്തില്ല മറിച്ച് ഉടൻ തന്നെ അവിടെ സിഗ്നലുകൾ കൊടുക്കുകയാണ് സെല്ലുകൾ പെട്ടെന്ന് വളർത്തിയെടുക്കുക വേറെ ഒന്ന് ആവശ്യമുണ്ട് അത് പുതിയ പുതിയ സെല്ലുകൾ കൂട്ടിച്ചേർത്ത് പെട്ടെന്നൊരു വാനുണ്ടാക്കിയെടുക്കും അധികം താമസിക്കും കാരണം അതിൻ്റെ ശരീരത്തിൽ ഇൻഫെക്ഷനുള്ള സാധ്യത കുറവാണ് നമ്മുടെ ശരീരം അങ്ങനെ പെട്ടെന്ന് ഇൻഫെക്ഷൻ നമ്മുടെ ബോഡി നമ്മുടെ സെല്ലുകളൊക്കെ ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഒരു കോൺക്രീറ്റ് ഇൻഫെക്ഷൻ വരാതെ മാറ്റിയെടുക്കുകയാണ് അതുകൊണ്ട് അത് നമ്മുടെ ശരീരത്തെ നമ്മുടെ സർവൈവലിന് വേണ്ടി നമ്മുടെ ബോഡി തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇതൊക്കെ പരിണാമത്തിന്റെ തെളിവുകളാണ് മനുഷ്യന് ഹ്യൂമൻ എവല്യൂഷനിലൂടെയാണ് ഇതൊക്കെ സംഭവിക്കുന്ന കാരണം നമ്മുടെ ശരീരത്തിനുണ്ട് ഈ റീഗ്രോത്ത് ഉള്ള സെല്ലുകൾ അതുകൊണ്ടാണ് ഒരു സൈക്കോട്ടിൽ നിന്ന് സെൽ ഡിവിഷൻ സംഭവിച്ചു നമ്മുടെ ശരീരത്തിൽ ഇതെല്ലാം ഇങ്ങനെ വരുന്നത് കയ്യും കാലും പക്ഷെ അതെല്ലാം ഏകദേശം വളർന്നൊരു പ്രായം എത്തിച്ചേരുമ്പോഴത്തേക്ക് അതിന്റെ ജീനുകളെല്ലാം ഓഫ് ചെയ്ത് ആ ശേഷി ഓഫ് ചെയ്തിരിക്കുക നമ്മുടെ ശരീരത്തിലുണ്ട് നമ്മുടെ ജീനുകളിലും അതിനുള്ള ശേഷിയുണ്ട് പക്ഷെ അത് ഓഫാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് പല്ലിയിലെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതുപോലെ റീഗ്രോത്ത് സംഭവിക്കില്ല മറ്റു ഫാക്ടേഴ്സൊന്നും പ്രവർത്തിക്കത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മളുടെ ശരീരത്തിൽ മുറുകുന്ന ഉടൻ തന്നെ അതിനെ ഹീൽ ചെയ്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാതെ ബോഡി ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത് മനുഷ്യന്റെ ശരീരം അപ്പോൾ പല്ലികൾ അവരുടെ എൻവയോൺമെന്റ് വേറെയാണ് നമ്മളത് വേറെയാണ് എവര്യൂഷൻ കാണിക്കുന്ന അത്ഭുതങ്ങളാണ് അതുകൊണ്ട് നമ്മളിന്ന് സർവൈവ് ചെയ്യും നമ്മുടെ ശരീരവും പല്ലിപ്പുകൾ കാലും കയ്യുമൊക്കെ മുളപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്ന മനുഷ്യവർഗമേ ഈ ലോകത്ത് കാണത്തില്ലേ പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്യുന്നു അവന്റെ ബുദ്ധിയുണ്ട് എവര്യൂഷനിൽ കൈകടത്തുകയും എവലൂഷനെ തന്നെ അവൻ അതിസ്വാധീനിക്കുകയാണ് ആ സ്വാധീനത്തിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യൻ ഇന്ന് ശ്രമിക്കുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ആ സ്റ്റെം സെല്ലുകൾ ഉപയോഗിച്ചിട്ട് വീണ്ടും ഇത് വളർത്തിയെടുക്കാൻ പറ്റുമോ അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ജീനുകളൊക്കെ വളർത്തണം വലിയ പ്രയാസമുള്ള കാര്യം മറ്റ് ഫാക്ടേഴ്സൊക്കെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കും പക്ഷേ സയന്റിസ്റ്റുകൾ അതിനുവേണ്ടി ശ്രമിച്ചു അതാണ് ഭാവിയിൽ അത് സാധ്യമാകുന്നത് മുറിഞ്ഞു പോയൊക്കെ ആയി വീണ്ടും ചേർത്ത് പിടിപ്പിക്കാമോ ഒരു കാലത്ത് മനുഷ്യ സ്വപ്നം പോലും കാണാൻ പറ്റും അത് സാധിക്കും പക്ഷെ സ്വാഭാവികമായും നമുക്ക് അങ്ങനെ ഒരു കാര്യമില്ല ഇതാണ് നമ്മുടെ പഴയകാലം മുതലേ തന്നെ ഇവിടെ ലോകം മുഴുവനും നാസ്തികന്മാരും നാസ്തികന്മാരും തമ്മിലുള്ള ബെഡ് പൊളിക്കണം ബാത്റൂമും പക്വാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കണം അതിൽ നാസ്തികന്മാരുടെ അവർ അവർ മുമ്പോട്ട് വച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവത്തിനോ അല്ലെങ്കിൽ അത്ഭുത സിദ്ധിയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനോ എന്തെങ്കിലും ഒരു അത്ഭുത സദ്യ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് മുറിഞ്ഞുപോയ ഒരു കാല് വളർത്തിയെടുക്കാം പെട്ടെന്ന് വേണം സയൻസെന്നും കൂട്ടിപിടിക്കാൻ പറ്റും എങ്കിൽ നാസ്തികന്മാർ പറയുന്നു ഞങ്ങൾ ആത്മീയ മാർഗത്തെ പിന്തുടരണം പക്ഷെ സിദ്ധിയുള്ള ആരെങ്കിലും അത് ചെയ്യണം അപ്പോ അത് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ പോലെയൊന്നുദ്ദേശിച്ചിട്ടല്ല ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണ് അവർ ഈ പ്രാർത്ഥനയിലൂടെ അസുഖങ്ങളും മാറ്റുന്നു അസുഖങ്ങൾ മാത്രമെന്നുണ്ടാവില്ല പ്രാർത്ഥനയിലൂടെ അവർ സർജറി ആൾക്കാരെ പിടിച്ചു കിടത്തിയിട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ കൈ കൊണ്ട് സർജറി വയറ്റിനകത്തിരിക്കുന്ന ട്യൂമറൊക്കെ എടുത്ത് മാറ്റി സ്റ്റേജിൽ അവർ ഇത് പരിപാടി കഴിയുമ്പോഴത്തേക്ക് ഫാസ്റ്ററുമായി ഓഡിയൻസ് കാണാം വയറിൽ കൈ ഉള്ളിലേക്ക് കടത്തുന്നത് അതിൻ്റെ എന്തോ ഒരു സാധനം പുറത്തെടുക്കുന്നു അത് തടവുമ്പോൾ അത് ഹീലാകുന്നു അയാൾ എനിക്കൊരു കുഴപ്പമില്ലാന്നുകൂടി എഴുന്നേറ്റ് നടന്നു പോകും വയറ്റുവേദന മാറുമ്പോൾ ഇതൊക്കെ ഇവർ ജയിക്കുന്നുണ്ട് ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് നിൽക്കുന്നു അറിയത്തില്ല ഹീലിംഗ് ഒരുപാട് സർജറി വരെ നടക്കുന്നത് ഇതിൽ ഇത് വലിയ കള്ളത്തരമാണ് തട്ടിപ്പാണെന്നുള്ളത് ഇങ്ങനെ തുറന്നു കാട്ടിയ ഒരാളാണ് ജെയിംസ് റാണ്ടി എന്ന് പറയുന്ന ഒരു കനേഡിയൻ അമേരിക്കൻ മജീഷ്യൻ അല്ലൊരു മജീഷ്യനാണ് നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് ഷോകൾ ചെയ്തിട്ടുണ്ട് ഉള്ളി ഇതുപോലെ സ്റ്റേജിൽ ഇതൊക്കെ ചെയ്യും ഈ പരിപാടികളൊക്കെ എന്നിട്ട് ആൾക്കാരെ സുഖമാക്കി കൈ വയറ്റിൻ്റെ അകത്ത് കടത്തി അകത്തുനിന്ന് സാധനങ്ങളൊക്കെ പുറത്തെടുക്കും എല്ലാം മാജിക്കാണ് ടെക്നിക്കാണ് പുള്ളി പറഞ്ഞ ഹീരി പരിപാടികൾ മുഴുവൻ ടെക്നിക്കാണ് കൈവേലകളാണ് യാതൊരു യാഥ ചില ആൾക്കാരെ പ്രത്യേകിച്ച് പറയുക സൈക്കിക് ആണ് ഇങ്ങനെയുള്ള കഴിവുകൾ ഉള്ളവരാണ് എന്ന് ചില ആൾക്കാരെ കുറിച്ച് പ്രത്യേകിച്ച് പറയാം അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നെല്ലാം സൈക്കോ കൈനസിസ് ടെഡി കൈനസിസ് എന്നൊക്കെ പറയുന്ന ചില ഞങ്ങൾ യൂട്യൂബിലൊക്കെ പരിശോധിച്ചൊക്കെ ഇതൊക്കെ അവരുടെ സിദ്ധിവിശേഷങ്ങൾ ആൾക്കാർ പ്രദർശിപ്പിക്കുന്നു ഈ പരിപാടികളെല്ലാം ഇദ്ദേഹം കാണിക്കും ഇതെല്ലാം ഈ പാസ്റ്റർമാർ കാണിക്കുന്ന എല്ലാ പരിപാടികളും ഹീലിങ് എല്ലാം പുള്ളി കാണിക്കും എല്ലാം ഒരു മാജിക് ആണ് യാതൊരു കാര്യങ്ങളുമില്ല ഈ പാരാനോർമൽ സൂപ്പർ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളെയും കൂടി അങ്ങനെ ഒരു കാര്യം സംഭവിക്കത്തേ ഇല്ല അത് മാത്രമല്ല ജെയിംസ് ഇറാണി ഒരു പത്ത് മില്യൺ ഡോളർ ബ്രിട്ടനിൽ ബാങ്കിലിട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു പാസ്റ്ററോ ആരെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അത്ഭുതശുദ്ധി കാണിച്ചാൽ കഥാപർക്ക് കൊടുത്തെടുക്കാം അതേ രണ്ടായിരത്തി ഇരുപതിലാം മനു ഇന്നൊരാരും മുന്നോട്ട് വന്നിട്ടില്ല ഇന്ത്യൻ ലോകത്ത് ഒരുപാട് ഇങ്ങനെയുള്ള അത്ഭുതം അവരുടെ ഭാഷപ്പെടുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കും ഒരു ക്രിസ്തുവിന്റെ ആവേശം കൊണ്ട് അനുഗ്രഹം കൊണ്ട് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ അവർക്ക് കാണിക്കാൻ പറ്റുമെന്നുള്ളൊരു അവകാശവാദം തന്നെയായിരിക്കും പക്ഷെ ആരിൽ നിന്ന് ഈ ഇദ്ദേഹത്തിന്റെ പത്ത് മില്യൺ ഡോളറിന് വേണ്ടി ആരും ഇതുവരെ പോയിട്ട് അപ്പോ അതിൽ ഒരു ഭാഗം ഒന്ന് പറയുന്ന ഇതാണ് എന്ന് പറയുന്നത് അങ്ങനെ ആർക്കിങ്ങനെ എന്തെങ്കിലും ഒരു സദ്യ വിശേഷം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ആംബ്യൂട്ടേഷൻ ചെയ്ത ഒരു കാലം ചെയ്ത അങ്ങനെ ആക്കിയാലും ഈ പത്ത് മില്യൺ ഡോളർ ഏതെങ്കിലും ഒരു പാസ്റ്റർ ഇതുവരെ ഒരു പാസ്റ്ററും ഈ വലിയ അതിനവര് അവർക്ക് സമാധാനമാണ് ഫസ്റ്റും വരെ എന്താണ് സമാധാനം പറയുന്നത് എന്നറിയാം ഈ മുറിഞ്ഞ കാലം വളർത്താൻ പുറസ്ഥിതിലാക്കാൻ ദൈവം അനുവദിക്കുന്നില്ല അവര് ശ്രമിച്ചു നോക്കിയാണ് ദൈവം സംബന്ധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ബാക്കി പനി മാറ്റാനും ജലദോഷം മാറ്റാനും ചുമ മാറ്റാനും ഒക്കെ ദൈവം പെർമിഷൻ കൊടുക്കുന്നത് ഇതിന് മാത്രം ഇതിനൊക്കെ കാരണം അറിയുള്ളൂ ഒരു ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ഇതിനൊരു പെർമിഷൻ വേണം സമാധാനം ഇതിന് മാത്രം നിയമം പെർമിഷൻ കൊടുക്കുന്നു എന്നാണ് അവരുടെ അഭിപ്രായം അതുകൊണ്ട് മനുഷ്യ ശരീരത്തിന് എന്നുള്ള ശേഷി പുള്ളീ പറയുന്നതൊന്നും സത്യമായിട്ടെടുക്കരുത് ഒരിക്കലും സംഭവിക്കുന്നതാണെന്ന് പറയത്തില്ല പക്ഷെ ഇതുവരെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല സംഭവിച്ചേക്കാം വാശിഷ്ഠത്തിൽ എഴുതി വച്ചിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ പേരിൽ കഥകളൊന്നും ആരും ഉണ്ടായി ഇവിടെ നടക്കാത്ത കാര്യങ്ങളാണ് ആനന്ദ നിർവൃത്തി കൊണ്ട് ശരീര അവയവങ്ങൾ മുറിഞ്ഞു പോയിട്ട് തിരിച്ചു വരുമെന്നു പറഞ്ഞു പിന്നെ അങ്ങനെ ഒരാളുടെ ശരീരത്തിൽ ന്യൂനതകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അടി ശാന്തനാണ് സന്തുഷ്ടനാണ് എങ്കിൽ അതിനെ അയാൾ ഒരു കുറവായി കാണത്തില്ല ഒരു ന്യൂനതയായി കാണത്തില്ല അതിൻ്റെ പേരിൽ അയാൾ ദുഃഖിക്കത്തില്ല അയാൾക്കത് ഇല്ലാത്തതുമുള്ളതും മാനസികമായിട്ട് അയാൾക്ക് തുല്യമായി കാണും എന്നല്ല പറഞ്ഞാൽ ശരിയാണ് അത് സന്തുഷ്ടനായിരിക്കും അയാൾ തന്നിൽ ഒരു ന്യൂനതയും അങ്ക വൈകല്യം കൊണ്ടൊരു ന്യൂനതയും അയാൾ കാണത്തില്ല എന്നെല്ലാം വ്യാഖ്യാനിച്ച ശരിയാണ് ശരിയല്ല നവിസാചാലക്ഷാംസിന ദൈത്യ ശസ്ത്രമാണ് ഘുജംഗാ ദൃശന് സമസാസി ദൈത്യാ അസുരം ശത്രുവ ശത്രുഘ്രഭുജാ കടുവാ സിംഹം മൂർഖൻ വാമ ിഷന് സമസം ആർക്കും ശാന്തിയുള്ളവനോട് യാതൊരു വിദ്വേഷവും ഉണ്ടാവാത്തില്ല ശാന്തന ആരും ഉപദ്രവിക്കുകയാണ് ഇതും ഒരു അർത്ഥവാദമാണ് ഇതിന് ഒരു ഭാഗികമായി ശരിയുണ്ട് പൂർണമായും ശരിയോ കാരണം ഇവിടെ ഉപദേശിക്കുന്ന ആരാണ് ഒരു പുരോഹിതനാണ് ഉപദേശിക്കുന്ന ആരെയാണ് ഭാവിയിലെ രാജാവ് ഭാവിയിലെ രാജാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവെന്ന് പറഞ്ഞാൽ ഏകാധിപതിയാണ് രാജാവിലെ പ്രജകൾക്കൊന്നും എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ചോദ്യം ചെയ്താവിന്റെ തല കാണത്തില്ല ഇന്നത്തെ ജനാധിപത്യമാണ് ഇന്നിപ്പോ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത് പോലെ രാജാവിനെ വിമർശിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സ്വാതന്ത്ര്യവും രാജാവ് ഭരിക്കുമ്പോഴില്ല അപ്പോൾ രാജാവിന് ഭയന്നാണെങ്കിൽ എന്തവരനുസരിച്ച് പറ്റും ചോദ്യം ചെയ്യപ്പെട്ടു ഇനി ആ പ്രജകളോടൊക്കെ സ്നേഹമുള്ളവനാണ് രാജാവ് ശാന്തനാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ പ്രജകൾക്ക് രാജാവിനോട് ദേഷ്യം വരത്തില്ല ഇനി കള്ളന്മാരോ വള്ളക്കാരോ ആരായാലും ശരി രാജാവ് രാജാവ് വളരെ ശാന്തനും നീതിമാനും ഒക്കെയാണെങ്കിൽ മറ്റ് വ്യക്തികളെ അപേക്ഷിച്ച് രാജാവിനോടുള്ള വിധേയത്വം കൂടല്ല ആപേക്ഷികമാണ് രാജാവിനോടൊന്നൊക്കെ ഉപദേശിക്കുമ്പോൾ ഈ പറയുന്നതിനൊക്കെ കുറെ അർത്ഥമുണ്ട് എന്താണ് വളരെയധികം ജനങ്ങളും അംഗീകരിക്കും അംഗീകരിച്ച പറ്റി പിന്നെ നല്ലവനാണെങ്കിൽ ഇഷ്ടമാണ് പ്രധാനമായ കാരണം രാജാവ് നല്ലവനായതുകൊണ്ട് മാത്രമല്ല ഏകാധിപതി അവിടെ എതിർ സ്വരങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനം ഉണ്ടാവാ അതുകൊണ്ട് ഈ ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭാവി രാജാവിനോടാണ് ഉപദേശിക്കുന്നത് എന്നോട് നമ്മൾ മനസ്സിലാവും എന്നാൽ ഈ പറയുന്നതിലൊക്കെ കുറെ ശരിവരക്കും എന്നാൽ പൂർണ്ണമായും ശരിയാണോന്ന് ചോദിച്ചാൽ അല്ല കാരണം മൃഗങ്ങളൊക്കെ കാട്ടിക്കഴിയുന്നത് അവിടെ ചെന്നുകഴിഞ്ഞാൽ അതെല്ലാം പിടിച്ചു തിന്നാൻ നോക്കും പാമ്പ് കടിക്കാൻ നോക്കും ഇനി കഥകളനുസരിച്ചാണെങ്കിൽ എന്താണ് രാമൻ കാട്ടിലേക്ക് പോയപ്പോ അവിടെ രാക്ഷസമ്മാന എതിർത്തും താടക എതിർത്തും കബന്ധന എതിർത്തും പിടിച്ചു തിന്നാൻ പോയി ചൂർപ്പണക എതിർത്തും രാവണനെ രാക്ഷസന്മാരെല്ലാം അപ്പൊ ശാന്തനാണോ എന്നുള്ളതുകൊണ്ട് ആരും എതിർക്കത്തില്ല എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയാണ് മൃഗങ്ങൾക്ക് അങ്ങനെയുള്ള ബോധമൊന്നുമില്ല മൃഗങ്ങൾ അവസരം കിട്ടിയ അവരൊക്കെ വിശ വിശം തിരിക്കുമ്പോൾ മനുഷ്യനെ കണ്ടാളി ശാന്തി ഉണ്ടോ അശാന്തനാണോ എന്നൊന്നും നോക്കട്ടെ അവരുടെ ഭക്ഷണമാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ഭക്ഷണമാണ് ശാന്തനായതുകൊണ്ടാണ് പിടിച്ചതില്ലാത്തതെന്ന് പറയാൻ പറ്റില്ല പിന്നെ മൃഗങ്ങൾ ശാന്തി പാലിക്കുന്നെ ഇവിടെ നമ്മൾ സ്നേഹിച്ച് വളർത്തിയ കടുവയോ പുലിയോ നമ്മൾ വളരെ സ്നേഹിച്ച് വളർത്തിയ ചിലപ്പോൾ അത് ഇണങ്ങിക്കഴിഞ്ഞാൽ നമ്മളവിടെ സ്നേഹങ്ങൾ അത് സാധാരണ കാണാറുണ്ട് അറേബ്യൻ നാടുകളിലൊക്കെ ഇന്നും ആൾക്കാർ സമൂഹങ്ങളെയൊക്കെ സ്നേഹിച്ചു വളർത്തുന്നു അവരോട് ഇണങ്ങുന്നുണ്ട് പൂച്ചയൊക്കെ ഇണങ്ങും പക്ഷെ എപ്പോഴാണ് അവരുടെ കാര്യം പറയാനും പറ്റത്തില്ല അപ്പൊ അതിനോട് സ്നേഹം പ്രകടിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്താൽ അത് കുറച്ച് ഇണങ്ങും എന്ന് വിചാരിച്ചാല് ഹിംസ്രസ്വഭാവം ഒന്നും ഒരിക്കലും മറക്കും അതായത് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല പിന്നെ പിശാചുക്കളെ രക്ഷസും അത് കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ശങ്കരാചാരനെ കുറിച്ച് പറയുന്നത് ജ്ഞാനിയായിരുന്നു പക്ഷെ അവിചാരദോഷം അവിചാരക്രിയ അവിചാരക്രിയ്പോടെ രക്ഷസിനെ വേണമെന്ന് ഉപയോഗിക്കും രോഗം പിടിപ്പെട്ടതൊക്കെയാണ് പല ഋഷിമാരെയും മൃഗങ്ങൾ കൊന്നതായിട്ട് പറയുന്നു ഇതും അർത്ഥവാദപരമായിട്ടെടുക്കണം കുറേയൊക്കെ ശരിയാണ് നമ്മൾ ശാന്തമായിരുന്ന നമ്മളോട് സഹകരിക്കുന്ന മനുഷ്യർ കുറച്ച് നല്ല മനസ്സുള്ളവരാണെങ്കിൽ അതിനംഗീകരിക്കും നല്ല മനസ്സില്ലാത്തവരാണെങ്കിലും അംഗീകരിക്കണമെന്ന് നിർബന്ധം തോന്നുന്നു ശാന്തരായിരിക്കുന്നവരെയും ഉപദ്രവിക്കും അവരുടെ ശാന്തി ഉപദ്രവിക്കും അതിന്റെ പരീക്ഷത്ത് ഉണ്ടാകെ തപസീതുകൊണ്ടിരുന്നു ഒരാളുടെ ദേഹത്തെ ചത്ത വാമ്പിലെ തെറ്റും അയാൾ എന്തെങ്കിലും തെറ്റേ അയാൾ ശാന്തനായും അയാളെങ്ങനെ നമ്മുടെ ശാന്തി സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കാം എന്ന് പറയുന്നത് ആപേക്ഷികമാണ് സ്വാധീനിച്ചെന്ന് വരാം സ്വാധീനിച്ചില്ലെന്നും വരാം രണ്ട് സംഭവിക്കും അതുകൊണ്ട് ഈ കുറച്ച് അർത്ഥവാദകരമായിട്ട് നമ്മുടെ ശാന്തി എന്ന് പറയുന്ന നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളുമായി പ്രകൃതിയുമായിട്ടും എത്രമാത്രം നമ്മൾ ഇണങ്ങുന്നു പൊരുത്തപ്പെടുന്നു എന്നുള്ളതിനനുസരിച്ചാൽ നമുക്കങ്ങനെ പൊരുത്തപ്പെടാൻ കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള ശത്രുതയെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും അതിനൊരു ലിമിറ്റ് ഉണ്ട് അനപ്രസാദം പക്ഷേ അർത്ഥവാദങ്ങളെ യഥാർത്ഥമായിട്ടുണ്ട് സുസന്നദ്ധസമസ്ഥാംഗം അമൃതവർമ്മ ഏതേദിനുഃഖാനുശല വജ്രശിതാമിവ പ്രശമ അമൃതവർമ്മണ സുസന്നദ്ധസമസ്ഥാംഗം സമസ്ത അവയവങ്ങളെയും സുസന്നദ്ധം വരിഞ്ഞ് മുറുക്കുക എങ്ങനെ പ്രശമ അമൃത വർമ്മ ഉത്കൃഷ്ടമായ ശാന്തിയാകുന്ന അമൃത പടച്ചട്ടവും കവചങ്ങൾ ശാന്തിയാകുന്ന ആനന്ദമാകുന്ന അതിനൊരു പടച്ചട്ട പോലെ ഉപയോഗിച്ച ആർ ഒരു കവചമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആ കവചത്തെങ്ങനെ ഉപയോഗിക്കുന്നു നമ്മുടെ ശരീരത്തിന്റെ സർവ അവയവങ്ങളെ അതുകൊണ്ട് വരിഞ്ഞ് മുറുക്കുകയാണെന്ന് വെച്ചാൽ എന്താണ് പൂർണ്ണമായും ഒരാൾ ശമമയനായിട്ട് ശാന്തിമൂർത്തിയായി തീരും ശാന്തി സ്വരൂപനായി തീരും സമസ്ത കർണങ്ങൾ കൊണ്ടും അയാള് ആർക്കും ഒരുപദ്രവം ചെയ്തു അവിടെ നിന്ന് ആർക്കും ഒരു തരത്തിലും സമസ്ത അംഗങ്ങളെന്ന് പറയും സമസ്ത കർണങ്ങളുമാണ് ഒരു കർണം കൊണ്ടുമാണ് ഒന്നിനെയും ഒരു പ്രാണിയും ഒക്കെ ശാന്തമായി ചേരും ആനന്ദത്തിൽ നമുക്ക് പറയാം സമാധിയിലിരിക്കുന്ന യോഗി അവിടെ ഇത് നടത്തും സമാധിയിലിരിക്കുന്ന ഒരു യോഗിയാണെങ്കിൽ തൻ്റെ ഒരു കർണങ്ങൾ കൊണ്ട് ഒന്നിനെ യോഗത്തിൽ ചലിക്കുന്നില്ലല്ലോ ചതിച്ചാലോ ഉപദ്രവം അല്ലാതെ നമ്മള് ശാന്തനായിരുന്നാൽ എന്തെങ്കിലുമൊക്കെ ഉപദ്രവം ശ്വസിക്കുമ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഉപദ്രവം സമാധിയിലാണെങ്കിലും ശ്വാസമൊന്നും ദീർഘസൂക്ഷ്മ അത് യോഗിക്കാൻ നടക്കും എന്നാൽ ഇവിടെ പറയുകയാണ് അയാളുടെ ദുഃഖാന്റെ നീ ദുഃഖങ്ങൾ ിക്കുന്നേയില്ല പൂർണമായും ശാന്തിയാകുന്ന ആനന്ദത്തിൽ ഇരിക്കുകയാണ് അയാൾ ദുഃഖങ്ങൾ ബാധിക്കുന്നത് എന്ന് പറയുമ്പോൾ സമാധിയിലെ സാധിക്കും ശര വജ്രസില ശരങ്ങൾ എങ്ങനെയാണോ വജ്രസിലയെ വജ്രക്കൂട്ടങ്ങൾ വജ്രസമൂഹത്തെ എന്നുവെച്ച വജ്രങ്ങൾ കൂടിച്ചേർന്നൊരു വലിയ പാറയായിട്ടിരിക്കും അതിനെങ്ങനെയാണോ ശരങ്ങൾ ബാധിക്കാതിരിക്കുക അതിൽ അസ്ത്രം അമ്പ അയച്ചു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും സംഭവിക്കും അതിനത്രയും കട്ടിയുണ്ട് അതുപോലെ തന്നെ ഒരാൾ ശാന്തിയിലിരിക്കുകയാണെങ്കിൽ ഒരു യോഗിയെ ആർക്കും വേദനിപ്പിക്കാൻ കഴിയത്തില്ല അവരുടെ ശരീരത്തെ ചിഹ്ന ഭിന്നമാക്കി അരിച്ച് അയാൾക്കൊന്ന് സംബന്ധിപ്പിക്കാം അത് യോഗശാസ്ത്രമായിട്ട് യോജിക്കുന്നത് ശരിയാണ് അല്ലാതെ ഉണർന്നിരിക്കുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ച് അത് ശരിയാണ് സമയ സ്വച്ഛയ ബുദ്ധ യഥ ഉപസമയ ചിന്ത പ്രാണാരിയതരം ദുഷ്ട തുഷ്ടമേതി നവയജനഹ യഥാ ഉപശമശീലയ ശാന്തി സ്വഭാവമായിരിക്കുന്ന സമയ സമമായിരിക്കുന്നതെന്ന് വെച്ചാൽ ശാന്തിക്ക് ഇളക്കം തെറ്റാതെ കോഴി ശാന്തി തന്നെ ഇരിക്കും സുഖദുഃഖങ്ങൾ കൊണ്ടൊന്നും ഇളകാത്ത മനസ്സ് സ്വച്ഛയ ശുദ്ധമായിരിക്കുന്ന ശ്രമം മാത്രമുള്ള ബുദ്ധി ഉണ്ട് ജനഹ ദിനമെങ്ങനെയാണോ തുഷ്ടി ആനന്ദത്തെ പ്രാപിക്കുന്നത് അപ്പൊ ശാന്തി കൊണ്ട് എങ്ങനെയാണോ മനുഷ്യൻ ആനന്ദത്തെ പ്രാപിക്കുന്നത് അതുപോലെ പ്രാണാ പ്രിയതരം ദൃഷ്ട തുഷ്ടി പ്രാണനക്കാളും പ്രിയപ്പെട്ട ഒന്നിന് ഒരാളിൽ വ്യക്തി ഒരു വസ്തുവിൽ കണ്ടുകഴിഞ്ഞാലും അതുപോലെ തുഷ്ടി നയം സന്തോഷമുണ്ടാകുന്നുണ്ടാവും ആന്തരികമായി ശാന്തിയിലൂടെ ഒരാൾ നേടുന്ന ആ സുഖത്തിന് തുല്യമാകില്ല ബാക്കിയുമായി എന്തെങ്കിലും കൈവന്നാൽ ഉണ്ടാകുന്ന അത് വാസ്തവമാണ് അതുകൊണ്ട് ഏറ്റവും വലിയ സുഖം ശാന്തിയിലാണ് ഗുരുവിൻ്റെ മനസ്സിനും മനസ്സിൽ ശാന്തമായി മീൻ വഴാനുള്ള ഏറ്റവും വലിയ സുഖമാണ് ബാഹ്യമായ എന്തെങ്കിലും കൊണ്ട് ഒരു പ്രാണനേക്കാൾ പ്രിയമായാലും അതുകൊണ്ടൊരാൾക്ക് അതുപോലെ സമമായ ഇളകാത്ത് ശുദ്ധമായൊരു സുഖത്തെ നേടാൻ കഴിയത്തില്ല ഇതും ആ ശാന്തിയെ സ്ഥിതിക്ക് അതിവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ നേരിട്ട് പറയുകയും ഇതല്ല ശാന്തിയെ സ്ഥിതിക്കുക കൃത്യമായിട്ട് അങ്ങനെയുള്ളൊരു ശാന്തിയെ പ്രാപിക്കുന്ന ഉപായം എന്താണ് എന്നുള്ളത് ഇനിയുള്ള ഭാഗങ്ങളിലാണ് പറയുന്നത് ഇവിടെ ശാന്തി ഏറ്റവും ശ്രേഷ്ഠമാണ് അതാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആർജിക്കേണ്ടത് അതാണ് നിർമ്മിതി ഇതെല്ലാം പറഞ്ഞിട്ട് അതിൽ കേൾക്കുന്നതിന്റെ മനസ്സിലൊരു അഭിരിചയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനെ സ്തുതിച്ച് സ്തുതിച്ച് ആവർത്തിച്ച് അവർ അത് പറഞ്ഞുകൊണ്ടല്ലോ ശാന്തി അങ്ങനെ നേടാം നേടിയതല്ലേ ഈ പറയുന്നതുകൊണ്ട് കാര്യം അതിനുവേണ്ട ആധ്യാത്മിക സാധനങ്ങളെ കുറിച്ച് ഇനി മുമ്പോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഇവിടെ അങ്ങനെയെന്ന് ചോദിച്ചാൽ എന്ത് വേണം ശാന്തിക്ക് വേണ്ടി ശ്രമിക്കണം ശാന്തിയുടെ മഹത്വം മനസ്സിലാക്കി അതല്ലേ ഭൂമിക്ക് അടിയന്തൊരു നിധിയുണ്ടെന്ന് അറിഞ്ഞാൽ ആ നിധിക്ക് വേണ്ടി ഒരാൾ ശ്രമിക്കും വയ്ക്കലാക്കലെ ശാന്തി എന്ന് പറയുന്നത് ഏറ്റവും അമൂല്യമായ ഒരു വസ്തുവാണെന്ന് അറിഞ്ഞാൽ അതിനുവേണ്ടിയാണ് അതുകൊണ്ടാണ് ആദ്യം സ്തുതികീ ആ ഇന്ന് ദേവതയെ സ്തുതിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ കെട്ടും നിങ്ങൾ സ്തുതിച്ചാറങ്ങ അപ്പോൾ അത് ശരിക്കും പറയുന്ന വിശ്വാസികളോടല്ലേ വിശ്വാസി എന്തായാലും അർത്ഥോ ജിജ്ഞാസരർത്ഥാർത്ഥം ആയിട്ടുള്ള ഭക്തം എന്തായാലും വിശ്വാസമാണ് അവര് വിശ്വാസമാണോ അല്ല എന്തായാലും ഒരു സ്ഥിതിക്ക് എന്റെ ഫലം അവസാനം പറയും ഇവിടെ അങ്ങനെ ഇവിടെ എന്താണോ നേടേണ്ടത് അതിനെ ഒരുപാട് പരത്തി പറയും യം മയാലോകൃയാർത്തേ വലോകിയ ശാന്തിയെ കണ്ടിട്ടാണോ ജന സമയാ സഹാ സമയാ സമശാലിന് ശാന്തി അവതോക്കി സമമായിരിക്കുന്നെച്ചാൽ മാറ്റമില്ലാത്ത ഇളക്കമില്ലാത്ത സമസ്വഭാവമുള്ള വൃത്തിയ വൃത്തിയെന്ന് പറയുമ്പോൾ ഒരു വലിയ ആചരണം ജീവിതരീതി അതിന് അവലോകനജന സമാജ സാധു വർത്തേ ും പ്രാണാ പ്രിയതരും ജനഃശാന്തി മറന്നോക്കി സമാ ശ്ലോകത്തെ രാജ അത് വിട്ടുപോയി ആ ഒരു വരി തഥ ശോഭേ രാജാരങ്ങൾ അപ്പ്യന്തരസംസ്ഥിതീലയാഥിത രാജ തധാനുശോഭത്തെ സമയാ സ്വച്ഛയാ ഉപശമശീലയാത്രയാ അന്തപുര സംസ്ഥിത രാജ അന്തപ്പുരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജാവ് വെച്ചാൽ വളരെ ആടെ ആഭരണങ്ങളെന്നാണ് അന്തപുരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജാവ് തഥാന ശുഭത അത്രയും ശോഭിക്കത്തില്ല ഏതുപോലെ യഥാ ഉപശമശീലയാ സമയ സ്വശയ ബുദ്ധിയ രാജാ ഉപശമശീലമുള്ള സ്വച്ഛമായ സമമായ ബുദ്ധി കൊണ്ട് രാജാവ് ശോഭിക്കുന്നു രാമൻ രാജാവാകാൻ പോവുകയല്ലേ അതൊന്ന് പറയാം ഒരു രാജാവ് ശോഭിക്കേണ്ടത് ഇങ്ങനെയാണ് ഉപശമശീലമുള്ള സ്വച്ഛമായ സമമായ ബുദ്ധി കൊണ്ടാണ് ശോഭിക്കേണ്ടത് അത്രയും ശോഭ അന്തപുരത്തിലിരിക്കുന്ന ഒരു രാജാവിനും ഉണ്ടാകത്തില്ല എന്നുവെച്ചാൽ ഭൗതികമായ ഐശ്വര്യങ്ങൾ കൊണ്ടും ഉണ്ടാകത്തില്ല ിയതം ദൃഷ്ടുക പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അങ്ങോട്ടോ മാറിയാൽ അർത്ഥവുമൊക്കെ ശരിയാവും ഒരേ കാര്യം ആവർത്തിക്കും ശാന്തി അവലോകി സമാശയം ജനം പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവർത്തന കണ്ടാലും അവൻ തുഷ്ടിയുണ്ടാകത്തില്ല അതുപോലെ യാം ശാന്തിയും അവലോക്യജന സമാസ അയാതി ശമം ഉള്ള ആശയത്തോടുകൂടിയവനായിത്തീരുന്നു മനസ്സ് ശമം നിറഞ്ഞതായിത്തീരുന്നതാണ് സമാശയം സമം ആശയം എസ് ആരുടെ ആശംസിച്ച മനസ്സ് മനസ്സ് ശാന്തിയോടുകൂടിയിരിക്കുന്നത് അത് ജനഹാം ശാന്തില ഏതൊരു ശാന്തിയെ കണ്ടിട്ടാണോ തുഷ്ടിനേരി തുഷ്ടി പ്രാപിക്കുന്നത് ജനഹ എന്നതെന്ന് വിചാരിക്കും പ്രാണാപ്രിയകരം ദൃഷ്ടി പ്രാണാ ക്കാൾ ക്രിയ ഉള്ള ഒരുവിനെ കണ്ടിട്ട് തുഷ്ടിപ്രാപ്തില്ല സമാശയങ്ങളിൽ നിന്ന് ക്രിയാവിശേഷമായിട്ടാണ് ജന ശാന്തി അവലോകിയ സമാശയം യഥാ സഥാ ജനങ്ങൾ യാതൊരു വിശാന്തിയെ ദർശിച്ചിട്ടാണോ സമാശയമുള്ളവരായിത്തീരുന്നു അതുപോലെ ആ തുഷ്ടി പ്രാണാക്രിയകൾ നിഷ നയ പ്രാണനേക്കാൾ പ്രിയ ഉള്ളവനെ കണ്ടാലും ആ തുഷ്ടി അവന് പ്രാപിക്കുന്നില്ല എന്നുള്ളതിന് മാറ്റിയൊക്കെ സമാശയം തം ദൃഷ്ടം ജന യാം ശാന്തി സമാശയം നമ്മുടെ ഒരു പദത്തൂടെ അധ്യായത്തി സമമുള്ള ആശയമുള്ളവനായ തം ഒരുവനെ അമനോക്കിയ ജനഹ യാം ശാന്തി അങ്ങനെ എടുക്കാം വിഷമമായ ആശയമുള്ള ഒരുവനെ അവലോകിക്കുക കണ്ടിട്ട് ജനഹ യാതിമായാതൊരു ശാന്തിയാണോ പ്രാപിക്കുന്നത് വീണ്ടും ജനഹ പ്രാണപ്രിയതരം ദുഷ്ട തുഷ്ടി നയി പ്രണനാക്കാൾ പ്രിയപ്പെട്ടവനെ കണ്ടാൽ അതുപോലെയുള്ള തുഷ്ടി പ്രാപിക്കത്തില്ല എന്നുള്ളതെന്നാണ് കുറച്ച് പ്രശ്നം അപ്പൊ ജനഹ സമാശയം അവലോക്യാം ശാന്തി അങ്ങനെ ജനങ്ങൾ സമമായ ആശയമുള്ളവനായ സമം ആശയം യെസ് അവനെ കണ്ടിട്ട് യാതൊരു ശാന്തിയാണോ പ്രാപിക്കുന്നത് വീണ്ടും ജനഹ പ്രാണപ്രിയതരം ദൃഷ്ട തുഷ്ടി നയ്യേ തഥാ തുഷ്ടിം നമ്മൾ ചേർപ്പോ അതുപോലെ തുഷ്ടിയെ പ്രാപിക്കുന്നു സമാശേനായ വിവരം കാണുമ്പോഴാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് അത് പ്രാണനേക്കാൾ പ്രിയപ്പെട്ട വിവര കാണുന്നതിനും വലിയ പ്രാണനക്കാൾ പ്രിയപ്പെട്ട ഒന്നിനെ കാണുന്നതിനും വലിയ സന്തോഷമാണ് ധു വർത്ത ലോകേ സ ഇഹ ജീവതി നൈറ്റ സമമാ ഭാവമുള്ള ആചരണത്തോടുകൂടി അഭിനന്ദിത അഭിനന്ദിക്കത്തതായ ആചരണത്തോടുകൂടി എസ് സാധുവത്തിൽ ഏതൊരു സാധുവാണോ വർത്തിക്കുന്നത് ലോകേ സ ജീവരി അവനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്നായിട്ട് വേറെ എന്നുവെച്ചാൽ ശാന്തിയോടുകൂടി ജീവിക്കുന്നവൻ മാത്രമേ ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ മറ്റുള്ള ആരും ജീവിക്കുന്നില്ല എന്ന് വെച്ചാൽ അവർ കഷ്ടപ്പാടുകളിലൂടെ ജീവിക്കുകയാണ് സംഘർഷത്തിലൂടെ ജീവിക്കുകയാണ് അതുകൊണ്ട് അതാണ് ശ്രേഷ്ഠമായിരിക്കുന്നത് അനുദ്ധതമന ശാന്ത സാധു കർമ്മകർവതീ തസർവം അഭിനന്ദൻ തീ തസീമാ അനുദ്ധതമനാ മനസ്സിൽ ഔദ്ധത്യമില്ലാത്തത് പൊങ്ങച്ചമില്ലാത്തത് ശാന്ത ശാന്തനായ സാധു സാധുവായ ഒരുവൻ എകർമ്മകരോത് എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് തസ്യ കർമ്മ അവന്റെ കർമ്മത്തെ ഇമാഭൂജൂതജാതയഹ എല്ലാ പ്രാണികളും തസ്വൻ അഭിനന്ദിക്കുന്നു ഇതും ഭാവിയിൽ രാജാമാകാൻ പോകേണ്ടവനോട് പറയുകയാണ് കൂട്ടിലെ എല്ലാ പ്രാണികളും എല്ലാവരും എന്നെ അഭിനന്ദിക്കണം എന്നെ യന്ത്രണം അനുദ്ധമനസ് പൊങ്കച്ച ഒന്നു കാണിക്കാതെ ശാന്തനായി സാധുമായി യർമ്മർമ്മ ഏതൊരു കർമ്മമാണോ ചെയ്യുന്നത് തത്സർമ്മത്തിൻ്റെ എല്ലാ പ്രവൃത്തികളെയും ഈ പ്രാണികളെല്ലാം അഭിനന്ദിക്കും നല്ലതാണെന്ന് പറയും അഭിനന്ദിക്കാന്ന് പറഞ്ഞാൽ അത് നല്ലതാണെന്ന് പറയും അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നല്ല പ്രവൃത്തികൾ നീ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശാന്തമായി പ്രവൃത്തികൾ ചെയ്യുക ശാന്തമായി പ്രവൃത്തികൾ ചെയ്താൽ നിന്റെ കർമ്മങ്ങളെല്ലാം നല്ലതായിരിക്കും അത് ശരിയാണ് അശാന്ത മനസ്സോടുകൂടി നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മുടെ കർമ്മം മോശമാവും ശാന്തമായ മനസ്സോടുകൂടി പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളിൽ ശാന്തമായിരിക്കും എല്ലാവർക്കും അത് സ്വീകാര്യമായിരിക്കും മനസ്സ് അശാന്തമാകുമ്പോൾ മനസ്സിൽ കോപം വരും പല ദുരാഗ്രഹങ്ങൾ വരും കാമം വരും പ്രവൃത്തി അതിനനുസരിച്ച് മാറി മറ്റുള്ളവർക്ക് ഭദ്രമുണ്ടാവും അപ്പം അവനാരും അംഗീകരിക്കത്തില്ല മറിച്ച് ശാന്തമാണെങ്കിലും ആരും ഉപദ്രവിക്കാൻ പറയുന്നു സാറിനെ കാണുന്നവരു കാര്യം ശ്രുത്വ സ്പൃഷ്ടുവാനു സശാന്തി ശുവാ കേട്ടിട്ട് സ്പൃഷ്ട്രാണത്തിന് നിങ്ങളുടെയും പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ എന്തിനേ സുഭാഷ് നല്ലതായാലും ചീത്ത കേൾക്കുന്നത് നല്ലതാകാം ചീത്തയാവാം സ്പർശിക്കുന്നത് നല്ലതും ചീത്തയാവാം കാണുന്നത് നല്ലതും ചീത്തയാവാം ഭക്ഷിക്കുന്നതും നല്ലതും ചീത്തയാവാം മണക്കുന്നത് നല്ലതും ചീത്തയാവാം എന്തായാലും ശരി മഹർഷിയൻ ആ രീതിയിൽ പ്രത്യേകിച്ച് ആനന്ദിക്കുന്നില്ല അവൻ്റെ ശാന്തിക്ക് ഉപരിയായി ആ വിഷയങ്ങൾ അവനെ ആഹ്ലാദിപ്പിക്കുന്നില്ല മുകളായൊരി തളർന്നു പോകുന്നില്ല അത്യാഹ്ലാദവും തളർച്ചയെ രണ്ടു കാലം ബാധിക്കുന്നില്ല എന്നുകൊണ്ടവൻ ശാന്തനും സന്തുഷ്ടനുമാണ് ശാന്തരത് അവരുടെ ശാന്തന വിഷയങ്ങൾ അനുഭവിക്കാതിരിക്കുമ്പോൾ ശാന്തിയങ്ങളുടെയും വിഷയങ്ങൾ അനുഭവിക്കും ആ വിഷയങ്ങൾ തന്നെ അനുകൂലമോ പ്രതികൂലമോ ഇവിടെ വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശാന്തിയെ കുറിച്ചു അവസൃഷ്ടി ഇത് രണ്ടും പറയും സമാധിയിലിരിക്കുന്നവന്റെ ശാന്തി വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവന്റെ ശാന്തിയും തുല്യമാണെന്ന് ഒരു വ്യത്യാസം തന്നെ ഇത് നല്ലത് അനുഭവിച്ചാലും ചീത്ത അനുഭവിച്ചാലും ശരി അവൻ അതിന് അത്യാഹ്ലാദമൊന്നും പ്രകടിപ്പിക്കുന്നില്ല നല്ലതിൽ മോശം കാര്യങ്ങളിൽ തളരുന്നുമില്ല അവനെയാണ് ശാന്തനെന്ന് പറയുന്നത് അല്ലാതെ അനുകൂലമായ സാഹചര്യങ്ങൾ ശാന്തനായിരിക്കുന്നവനല്ല അതെല്ലാവർക്കും ഇരിക്കും ശാന്തനായിരിക്കും അനുകൂല സാധ്യത ഗുരുവിന് ശിഷ്യന്മാരൊക്കെ അടുത്തിരിക്കും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗുരുവിനും ശാന്തമായിരിക്കും പറ്റും ശിഷ്യന്മാർ ഗുരുവിന്റെ സ്നേഹപാത്രമായിരിക്കും സന്തോഷിച്ചിരിക്കാൻ പറ്റും സാധാരണ മനുഷ്യർക്ക് കുടുംബത്തിൽ എല്ലാവരും പരസ്പരം സഹകരിച്ച് സ്നേഹം കഴിഞ്ഞാൽ ശാന്തമായിരിക്കാൻ അത്തരം ശാന്തിയെക്കുറിച്ചുള്ള ഇവിടെ പറയും ഒരു മനുഷ്യനും എവിടെയില്ല ഗവൺമെന്റ് രാജാവാകാൻ പോവുകയുള്ളു അപ്പോൾ അപ്പോൾ സാഹചര്യങ്ങൾ ചിലപ്പോൾ അതടുത്ത് വ്യക്തമായി പറയും അനുകൂലമായിരിക്കും പ്രതികൂലമായിരിക്കും എന്താ അനുസരിച്ച് മനസ്സിനും നഷ്ടപ്പെടാത്ത ഒരു ശാന്തിയെ കരുതി വയ്ക്കണം എന്നാൽ അവൻ ശാന്തനെന്ന് പറയാൻ പറ്റും അതെളുപ്പമുള്ള കാര്യമില്ല പക്ഷെ സാധിക്കുമെന്നാണ് നമ്മൾ അതാണ് ശ്രുക്കുക സൃഷ്ടോ കാ ശുഭാശുഭം